അധ്യായം പതിനെട്ട് അവൻ ശൗലിനോട് സംസാരിച്ച് തീർന്നപ്പോൾ യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സോട് പറ്റിച്ചേർന്നു യോനാഥാൻ അവനെ സ്വന്ത പ്രാണനെ പോലെ സ്നേഹിച്ചു ശൗലന്ന് അവനെ ചേർത്തുകൊണ്ടു അവന്റെ പ്രദൃർഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ പിന്നെ അനുവദിച്ചതുമില്ല യോനാഥാൻ ദാവീദിനെ സ്വന്ത പോലെ സ്നേഹിക്കൊണ്ട് അവനുമായി സഖ്യത ചെയ്തു യോനാഥാൻ താൻ ധരിച്ചിരുന്ന മേലങ്കി ഊരി അതും തന്റെ വസ്ത്രവും വാളും വില്ലും അരക്കച്ചയും ദാവീദിനെ കൊടുത്തു ശൌൽ അയക്കുന്നിടത്തൊക്കെയും ദാവീദ് പോയി കാര്യാദികളെ വിവേകത്തോടെ നടത്തു അതുകൊണ്ട് ഷൌൽ അവനെ പടജനത്തിന് മേധാവിയാക്കി ഇത് സർവജനത്തിനും ഷൌലിന്റെ ഭൃത്യന്മാർക്കും ബോധിച്ചു ദാവീദ് ഫെലിസ്തീനെ സംഹരിച്ച ശേഷം അവർ മടങ്ങി വരുമ്പോൾ പട്ടണങ്ങളിൽ നിന്നൊക്കെയും സ്ത്രീകൾ പാടിയും നൃത്തം ചെയ്തും കൊണ്ട് ുമായി സന്തോഷത്തോടെ ശൗൽ രാജാവിനെ എതിരേറ്റു ചെന്നു സ്ത്രീകൾ വാദ്യഘോഷത്തോടെ ഗാനപ്രതിഗാനമായിരത്തെ കൊന്നു ദാവിദോ പതിനായിരത്തെ എന്നു പാടിയെടി അപ്പോൾ ഏറ്റവും കോപിച്ചു ഈ വാക്ക് അവന് അനിഷ്ടമായി അവർ ദാവിദിന് ം കൊടുത്തു എനിക്ക് ആയിരം മാത്രമേ തന്നുള്ളൂ ഇനി രാജത്വമല്ലാതെ അവന് കിട്ടുവാൻ എന്തുള്ളൂ എന്ന് അവൻ പറഞ്ഞു അന്നുമുതൽ ശൗലിന് ദാവിദിനോട് കണ്ണുകടി തുടങ്ങി പിറ്റേനാൾ ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ദുരാത്മാവ് ശൗലിന്റെ മേൽ വന്നു അവൻ അരമനയ്ക്കകത്ത് ിന്നരം വായിച്ചു കൊണ്ടിരുന്നു ഷൗലിന്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു ദാവീദിനെ ചുവരോട് ചേർത്ത് കുത്തുവാൻ വിചാരിച്ചുകൊണ്ട് കുന്തം ചാടി എന്നാൽ ദാവീദ് രണ്ടു പ്രാവശ്യം അവന്റെ മുമ്പിൽ നിന്ന് മാറിക്കളഞ്ഞു യഹോവ ദാവിദിനോട് കൂടെ ഇരിക്കുകയും ശൌലിനെ വിട്ടുമാറുകയും ചെയ്തുകൊണ്ട് ഷൌൽ ദാവീദിനെ ഭയപ്പെട്ടു അതുകൊണ്ട് ഷൌൽ അവനെ തന്റെ അടുക്കൽ നിന്ന് മാറ്റിക്കും സഹസ്രാധിപനാക്കി അങ്ങനെ അവൻ ജനത്തിന് നായകനായി പെരുമാറിപ്പോന്നു ദാവീദ് തന്റെ എല്ലാ വഴികളിലും വിവേകത്തോടെ നടന്നു യഹോവ അവനോടു കൂടെ ഉണ്ടായിരുന്നു അവനേറ്റവും വിവേകത്തോടെ നടക്കുന്നു എന്ന് ഷൌൽ കണ്ടിട്ട് അവങ്കൽ ആശങ്കിതനായിത്തീർന്നു എന്നാൽ ദാവീദ് ഇസ്രയേലിനും യഹൂദയ്ക്കും നായകനായി പെരുമാറിയതുകൊണ്ട് അവരൊക്കെയും അവനെ സ്നേഹിച്ചു അനന്തരം ഷൌൽ ദാവീദിനോട് എന്റെ മൂത്തമകൾ മേരബൂണ്ടല്ലോ ഞാൻ അവളെ നിനക്ക് ഭാര്യയായി തരുത്തു നീ ശൂരനായി എനിക്കുവേണ്ടി യഹോവയുടെ യുദ്ധങ്ങൾ നടത്തിയാൽ മതിയെന്ന് പറഞ്ഞു പറഞ്ഞു എന്റെ കൈയല്ല ഫിലിസ്തീരുടെ കൈ അവന്റെ മേൽ വീഴുവാൻ സംഗതി വരട്ടെ എന്ന് വിചാരിച്ചു ദാവീത് ഷൌലിനോട രാജാവിന്റെ മരുമകനായിരിപ്പാൻ ഞാൻ ആ ഇസ്രയേലിൽ എന്റെ അസ്മാദികളും എന്റെ പിതൃഭവനവും എന്തുള്ളൂ എന്ന് പറഞ്ഞു ശൗലിന്റെ മകളായ മേരബിനെ ദാവീദിന് കൊടുക്കേണ്ടിയിരുന്ന സമയത്ത് അവളെ മെഹോലാത്യനായ അദ്രിയേലിന് ഭാര്യയായി കൊടുത്തു ശൗലിന്റെ മകളായ മീഖളോ ദാവീദിനെ സ്നേഹിച്ചു അത് ശൗലിന് അറിവ് കിട്ടി കാര്യം അവന് ഇഷ്ടമാണ് അവളവന് ഒരു കണിയായിരിക്കേണ്ടതിനും ഫെലിസ്റ്റീറുടെ കൈ അവന്റെ മേൽ വീഴേണ്ടതിനും ഞാൻ അവളെ അവനു കൊടുക്കുമെന്ന് നീ ഈ രണ്ടാം പ്രാവശ്യം എനിക്ക് മരുമഹനായി തീരേണമെന്ന് പറഞ്ഞു പിന്നെ ഷൗൽ തന്റെ ഭൃത്യന്മാരോട് നിങ്ങൾ സ്വകാര്യമായി ദാവിദിനോട് സംസാരിച്ച് ഇതാകാം രാജാവിന് നിന്നെ പ്രിയമാകുന്നു അവന്റെ ഭൃത്യന്മാരൊക്കെയും നിന്നെ സ്നേഹിക്കുന്നു ആകയാൽ നീ രാജാവിന്റെ മരുമകനായി തീരണമെന്ന് പറവിനെന്ന് കൽപ്പിച്ചു ശൗലിന്റെ ഭൃത്യന്മാർ ആ വാക്ക് ദാവീദിനോട് പറഞ്ഞാറേ ദാവീദ് രാജാവിന്റെ മരുമകനാകുന്നത് അല്പകാര്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ ഞാൻ ദരിദ്രനും എളിയവനും ൃത്യന്മാർ ദാവിദ് ഇപ്രകാരം പറഞ്ഞു എന്ന് ബോധിപ്പിച്ചു അതിന് ശൗൽ രാജാവിന്റെ ശത്രുക്കൾക്ക് പ്രതികാരമാകുവാൻ തക്കവണ്ണം ഫിലിസ്തീരുടെ നൂറ് അഗ്രചർമ്മമല്ലാതെ രാജാവ് യാതൊരു ശ്രീധനവും ആഗ്രഹിക്കുന്നില്ല എന്നിങ്ങനെ നിങ്ങൾ ദാവിദിനോട് പറയണം എന്ന് കൽപ്പിച്ചു ഫെലിസ്തീരുടെ കയ്യാൽ ദാവീദിനെ വീഴുമാറാക്കണമെന്ന് ശൌ കരുതിയിരുന്നു കൃത്യന്മാർ ദാവീദിനോട് ഈ വാക്ക് അറിയിച്ചപ്പോൾ രാജാവിന്റെ മരുമകനാകുവാൻ ദാവീദിന് സന്തോഷമായി അവധി കഴിയുന്നതിനു മുമ്പേ ദാവീദും അവന്റെ ആളുകളും പുറപ്പെട്ടു ചെന്ന് ഫിലിസ്റ്റീനിൽ ഇരുന്നൂറ് പേരെ കൊന്നു അവരുടെ അഗ്രചർമ്മം കൊണ്ടുവന്ന് തൻ രാജാവിന്റെ മരുമകനാകേണ്ടതിന് രാജാവിന് എണ്ണം കൊടുത്തു ഷൌൽ തന്റെ മകളായ മീഖളിനെ അവന് ഭാര്യയായി കൊടുത്തു യഹോവ ദാവിദിനോടു കൂടെ ഉണ്ടെന്നും ഷൌലിന്റെ മകളായ മീഘളുകൾ അവനെ സ്നേഹിച്ചു എന്നും ഷൌൽ കണ്ടറിഞ്ഞപ്പോൾ ദാവീദിനെ പിന്നെയും അധികം ഭയപ്പെട്ടു നിത്യശത്രുവായി തീർന്നു എന്നാൽ ഫിലിസ്തീൻ പ്രഭുക്കന്മാർ യുദ്ധത്തിന് പുറപ്പെട്ടു അവർ പുറപ്പെടുമ്പോഴൊക്കെയും ദാവീദ് ശൌലിന്റെ സകല കൃത്യന്മാരെക്കാളും കൃതാർത്ഥനായിരുന്നു അവന്റെ പേർ വിസ്തൃതമായി തീർന്നു